അവർ പറഞ്ഞു അള്ളാഹുസുബാനഹുവാനയെ മാത്രം ആരാധിക്കാനും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാനുമാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നത് നീ സത്യവാദിയാണെങ്കിൽ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് കൊണ്ടുവരിക